തീർമ്മം yeah. ുഭാഗം തത്സൃവാത്തേവ അനുപ്രാവശ്യ ആ മന്ത്രത്തെ കുറിച്ചുള്ള ചർച്ചയാണ് സൃഷ്ടിച്ചിട്ട് സൃഷ്ടികർത്താവ് സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു ആരാണ് സൃഷ്ടിച്ചത് പറഞ്ഞു സർവജ്ഞനായ ഈശ്വരൻ ജഡമായ പ്രകൃതിയല്ല ഈശ്വരനാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതിലേക്ക് പ്രവേശിച്ചു സൃഷ്ടി നാമരൂപം ശരീരം തുടങ്ങിയവ നാമരൂപങ്ങളാണ് സൃഷ്ടി ആ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു എങ്ങനെ ജീവഭാവം പ്രപഞ്ചത്തിലുണ്ടായി അതാണ് ചർച്ചയും സൃഷ്ടി പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് സൃഷ്ടിച്ച ആള് തന്നെ പ്രവേശിച്ചു ത്വാപ്രത്തയും അതാണ് കാണിക്കുന്നത് സൃഷ്ടിച്ച ആള് തന്നെ പ്രവേശിക്കുമ്പോൾ സൃഷ്ടിച്ചത് ഈശ്വരനാണ് ഈശ്വരൻ തന്നെ നാമരൂപങ്ങളിൽ അതായത് ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദം ഇല്ലാത്തത് അത് എല്ലാവർക്കും സമ്മതമുള്ള കാര്യമല്ല സൃഷ്ടികർത്താവായ ഈശ്വരന്മേറെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവന്മേര് അതാണ് അനുഭവം സൃഷ്ടികർത്താവ് തന്നെ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ും ഈശ്വരനും ജീവനും ഒന്നു വരും അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതങ്ങനെ സാധ്യമാകും സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ ഈ ശരീരത്തിൽ എങ്ങനെ ജീവനായിരിക്കും അതെങ്ങനെ സാധ്യമാകും അതിനെ പറഞ്ഞെന്താണോ മണ്ണും മൺപാത്രവും പോലെയാണ് ഈ ബന്ധം മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ വ്യത്യാസം പാത്രവും മണ്ണ് തന്നെ പാത്രമാകുന്നതിന് മുമ്പ് മണ്ണ് തന്നെയാണ് അപ്പൊ പാത്രം എന്ന് പറയുന്നവര് നാമരൂപത്തെ പ്രാപിച്ചതുകൊണ്ട് മണ്ണ് മാറ്റമൊന്നും വരുന്നില്ല അതുപോലെ സൃഷ്ടികർത്താവ് നാമരൂപങ്ങളെ പ്രവേശിച്ചെന്ന് വിചാരിച്ചത് സൃഷ്ടികർത്താവിന് മാറ്റമൊന്നുമില്ല അതുതന്നെ സൃഷ്ടവ അനുപ്രാവശ്യം അത് തന്നെ പ്രവേശിച്ചു അതിന് ഉദാഹരണവും പറഞ്ഞു അതിന് ചോദിക്കണ യുക്തം ഈ പറയുന്ന ഒന്നും ശരിയല്ല മൃദ്വച്ച് മണ്ണുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മണ്ണും പാത്രവും പോലെയെന്ന് പറഞ്ഞാലോ ആ അവിടെ പ്രവേശിക്കുന്ന ആള് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അത് തന്നെ കാരണം ബ്രഹ്മ തദാത്മകത്വ എന്തുകൊണ്ട് ഇവിടെ ആരാണ് പ്രവേശിച്ചത് ബ്രഹ്മം അതാണ് കാരണം കാര്യ തദാത്മകത്വമാണ് കാര്യം കാരണ സ്വരൂപമാണ് അപ്പോൾ മണ്ണും മൺപാത്രവും യോജിക്കുന്നുണ്ട് എന്തുകൊണ്ട് കാര്യം കാരണാത്മകമാണ് പാത്രം മണ്ണാണ് പ്രപഞ്ച നാമരൂപം ബ്രഹ്മമാണ് അങ്ങനെ വരും പറയുന്നു അതും ശരിയാകത്തില്ല സാധാരണ പറയുന്ന എല്ലാ യുക്തികളെയും നിഷേധിക്കുന്നുണ്ട് സാധാരണ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് കാര്യകാരണ ബന്ധത്തെ കാണിക്കും സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത് സ്വർണവും ആഭരണവും മണ്ണും പാത്രവും സൂര്യനും പ്രതിബിംബവും ഇവിടെ അതിനെല്ലാം നിഷേധിക്കുന്നു തദ്സൃഷ്ടോ തഥൈവ അനുപ്രാവശ്യതെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് കാരണമേവ ഹി കാര്യാത്മന പരിണതം ഇത്യതോ അപ്രവിഷ്ടവ കാര്യോത്പത്തി ഊർധം പൃഥ കാരണസ്യ പുനഃപ്രവേശം സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വാച്യാർത്ഥത്തെ ഗ്രഹിക്കണം അപ്പൊ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ച ആള് തന്നെ നാമരൂപങ്ങളിൽ പ്രവേശിച്ചു ഇവിടെ മണ്ണും പാത്രവും എങ്ങനെയാണ് കാരണമേ ഈ കാര്യ ഭരണതും ആദ്യം അത് മണ്ണായിരുന്നു പിന്നീടത് പാത്രരൂപത്തിലായി ഇത്യഥ അപ്രവിഷ്ട ഇവ കാര്യോത്പത്തി ഊർധം പൃഥക് കാരണസ്യ പുനഃപ്രവേശമാണ് ഇവിടെ മണ്ണ് തന്നെ കാരണമായിരിക്കുന്നത് മണ്ണ് തന്നെയാണ് കാര്യമായി മാറുന്നത് അവിടെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ പറയുന്നതല്ല സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എന്നാണ് മുമ്പ് പ്രവേശിക്കാതിരുന്നു അതിനുശേഷം പ്രവേശിക്കുന്നു അപ്രവിഷ്ട ഇതെങ്ങനെ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റും മണ്ണ് പാത്രത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നു അത് പറയുന്നതിൽ യാതൊരു വ്യക്തിയുമില്ല എന്തുകൊണ്ട് മണ്ണ് തന്നെയാണ് പാത്രം പിന്നെ മണ്ണിനെങ്ങനെ പാത്രത്തിൽ പ്രവേശിക്കാൻ കഴിയും മണ്ണ് കാര്യോത്പത്തി ഊർധം കാര്യം ഉണ്ടായതിനു ശേഷം പൃഥക് പ്രവേശം പിന്നീട് വേറിട്ട് അതിലേക്ക് പ്രവേശിക്കുക കാരണവസ്ഥയ കാരണത്തിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ അതിനെന്താ യുക്തി ഉള്ളത് മനസ്സിലാക്കുന്ന എന്താണ് കാര്യവും കാരണവും തമ്മിൽ ഭേദമുള്ളിടത്തെ പ്രവേശിക്കാൻ പറ്റും മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രം ഉണ്ടാവണമെങ്കിൽ പറയാം ആ മണ്ണ് പാത്രത്തിൽ പ്രവേശിച്ചു ഇവിടെ അങ്ങനെ ഒരു ഭേദമില്ലല്ലോ എങ്ങനെയാ ദൃഷ്ടാന്തം പറയാൻ പറ്റും മണ്ണും പാത്രവും ാണ് കാര്യത്പത്തി കാര്യം ഉണ്ടായതിനു ശേഷം കാരണസ്യ ആ കാരണം പുനഃ വീണ്ടും പൃഥത് പ്രവേശം വേരൊട്ട അതിലേക്ക് പ്രവേശിക്കും അത് ആ യുക്തമാണ് അതുകൊണ്ട് സൃഷ്ടത്ത് അതേ അനുപ്രാവശ്യം എന്ന് പറയുന്നത് മണ്ണും പാത്രവും പോലെയാണെന്ന് പറഞ്ഞ ശരിയാകും എന്തിനാ ഇതിങ്ങനെ വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നിനി പറയും ഇത് അവസാനി ചർച്ച അവസാനിക്കുന്നുള്ളത് ഭാഷകാരം പറഞ്ഞു ഘടകം വ്യതിരേഖണ മൃതോ ഘടക പ്രവേശി വ്യക്തമാക്കും ഘടപരിണാമം പാത്രമായി അത് മാറി മണ്ണിനൊരു മാറ്റം സംഭവിച്ചെന്നാണ് അത് പാത്രമായി മാറി ഇതല്ലാതെ ബഹതിരേഖ മൃത ഘടയിൽ പ്രവേശിച്ചെ മണ്ണ് പാത്രത്തിൽ പ്രവേശിക്കുക സംഭവിക്കുന്നില്ല അതുപോലെ എന്തുകൊണ്ടത് കാരണമാണ് സൃഷ്ടി നടത്താതെ സൃഷ്ടി പ്രവേശിക്കുക അത് കാരണമാണെങ്കിൽ സൃഷ്ടിക്കത് സാധ്യമല്ല എന്ന് പറയുന്നു അമ്പരയിൽ നിന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചു ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവ് മണ്ണ് പാത്രത്തിൽ പ്രവേശിക്കുന്നുണ്ട് യഥാ ഘടയി ചൂർണാത്മനാ മൃദു അനുപ്രവേശം ആത്മനാ നാമരൂപകാരി അനുപ്രവേശ ആത്മന ഇതി ശൃത്യന്തിരാച്ച് അനേന ജീവേന ആത്മന അനുപ്രവേശ ഒരു പരിശോധിച്ചു നോക്കുക പാത്രം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ അത് നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന മണ്ണായിരുന്നു അപ്പോ ഇത് പാത്രമായി പാത്രം എന്ന് പറയുന്നൊരു വസ്തുണ്ട് ആ പാത്രത്തെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക എന്താണ് ഈ പാത്രത്ത് അതിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്താണ് മൃചൂർണ്ണം മൺപൊടിയാണ് പാത്രത്തെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എന്താ ഈ കാണുന്നത് മണ്ണിന്റെ കണങ്ങളാണ് അപ്പൊ കുറിച്ച് നോക്കറിയാം എന്താണോ മൺ കണങ്ങൾ അതിൽ നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മമായ കണങ്ങൾ നിറഞ്ഞിരിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നു എന്നോ പറയാം അപ്പൊ പാത്രത്തിൽ ആ കാരണമായ മണ്ണ് സൂക്ഷ്മമായ കണങ്ങളായി പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെ ഈ നാമരൂപാത്മകമായ ഈ സൃഷ്ടികൾ സൃഷ്ടാവ് അതിസൂക്ഷ്മമായി പ്രവേശിച്ചിരിക്കുന്നു സൂക്ഷ്മംശമായി പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ തെറ്റ് എന്തായാലും സ്ഥൂലമായി കാണുന്നത് നാമരൂപങ്ങളാണ് സ്ഥൂലമായി കാണുന്ന പാത്രം സ്ഥൂലമായി കാണുന്ന ഒരാൾ പാത്രത്തെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ പാത്രത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആളെന്ന് മനസ്സിലാകാം പാത്രം എന്ന് പറയുന്നത് സൂക്ഷ്മമായ മൺകണങ്ങളാണ് എന്താ ഈ പാത്രത്തിൽ എന്ന് ചോദിച്ചു ഇത് മണ്ണല്ലാതെ വേറൊന്നും അതിന്റെ താല്പര്യം എന്താണോ അതിൽ നിറഞ്ഞിരിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നു അതുപോലെ സൂക്ഷ്മമായി ആ സൃഷ്ടാവ് സൃഷ്ടിയിൽ പ്രവേശിച്ചു അതാണ് താല്പര്യമെങ്കിലോ അങ്ങനെയും ചിന്തിക്കാം വിത യഥാകടേ ചൂർണാത്മനാമൃത പ്രവേശ പാത്രത്തിൽ ചൂർണ്ണരൂപത്തിൽ മൃത്ത് പ്രവേശിച്ചിരിക്കുന്നു ഏവം അന്യൻ ആത്മന നാമരൂപക്കാരിയെ അനുപ്രവേശിച്ചു അത് സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്താ കാരണം ഈശ്വരൻ പൂർണനാണ് അഖണ്ഡമാണ് ഏകമാണ് അല്ലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ജീവൻ അങ്ങനെ അല്ലല്ലോ ജീവനെ കുറിച്ച് ചിലർ പറയുന്നുണ്ട് എന്താണ് ജീവൻ ഈശ്വരാംശമാണ് ഈശ്വരാംശം ഈ നാമരൂപമുഖമായിരിക്കുന്ന ഈ ശരീരങ്ങളിലെല്ലാം ഈശ്വരാംശം പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ഈശ്വരനംശമായി പ്രവേശിക്കാമല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മൺപാത്രം പോലെ അകൽ സൃഷ്ടികർത്താവ് അംശരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഓരോ ശരീരത്തിലും ഓരോ അംശം ഈശ്വരാണ് സാധാരണ അങ്ങനെയാണ് അങ്ങനെ കരുതാമല്ലോ പക്ഷെ അങ്ങനെ വരുമ്പം എന്താണോ ഒരു ദോഷം വരുന്നത് ഈശ്വരന് ഈശ്വരനായി പ്രവേശിക്കാൻ കഴിയുന്നില്ല ഈശ്വരൻ അംശരൂപത്തിലേ പ്രവേശിക്കാൻ കഴിയുന്നു അതിന് ദോഷമില്ല എന്താണോ ശ്രുതി അതെന്ന് പറയുന്നു അനേന ജീവേന ആത്മന എന്താണോ ആ ആത്മാവ് ജീവേനാത്മന എന്ന് വെച്ചാൽ ജീവാത്മ രൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ അത് ശ്രുതിയുമായിട്ട് ഒത്തു വരുന്നുണ്ട് പരമാത്മാവ് പരമാത്മാവിന്റെ രൂപത്തിൽ പ്രവേശിക്കുന്നു എന്നല്ല പരമാത്മാവ് ജീവരൂപത്തിൽ പ്രവേശിക്കുന്നു ആ പരമാത്മാവ് പൂർണനായിരിക്കുന്ന പരമാത്മാവിങ്ങനെ ജീവരൂപത്തിൽ പ്രവേശിക്കും അത് ആ പരമാത്മാവിന്റെ അംശമായെന്നുണ്ട് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിന് ഈ സമ്പൂർണ്ണ നാമരൂപങ്ങളിലും അംശരൂപത്തിൽ പ്രവേശിക്കും അതിന് ഏവം അന്യേനാത്മന എന്നുവച്ചാൽ ജീവാത്മരൂപത്തിൽ നാമരൂപകാരി നാമരൂപങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ പ്രപഞ്ചത്തിൽ അനുപ്രവേശ ആത്മന അങ്ങനെ ആ പരമാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു ഇത് ചെയ്തെന്നാണെങ്കിലോ അതിന് പ്രമാണമുണ്ട് ശ്രുതി അന്തരാച്ച വേറെ ശ്രുതിയും പറയുന്ന എന്താണ് അന്യേന് ജീവേനാത്മന അനുപ്രവേശിച്ചത് അത് ആ ജീവാംശരൂപത്തിൽ പ്രവേശിച്ചു ഭഗവാനും പറയുന്നു എന്റെ അംശം തന്നെ ജീവരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു പറയുന്നു അത് സ്വീകരിക്കാൻ സാധ്യമല്ല നൈവം യുക്തം ഏകത്വ ബ്രഹ്മണ അതും ഇവിടെ ശരിയാകുന്നു ശ്രുതി അതിനെ അംഗീകരിക്കില്ല എന്തുകൊണ്ട് ബ്രഹ്മത്തെ എന്താ പറഞ്ഞിരിക്കുന്നത് അത് ഏകമായിരിക്കുന്നത് എങ്ങനെ അനേകമായി പ്രവേശിക്കാൻ കഴിയും ഏകത്വാത് ബ്രഹ്മണ മൃതാത്മനസ്തു അനേകത്വ സാമീപുടേ മൃദ ചൂർണാത്മനെ അനുപ്രവേശ മണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ് ശരിയാണ് മൃതാത്മന മൃത്സ്വരൂപം മൃത്തെന്ന് പറയുന്ന വസ്തു ശരിയാണ് അനേകത്വം അനേകമാണല്ലോ അത് നോക്ക് അനേകം കണങ്ങളാക്കാം സാവയവംശങ്ങളുണ്ട് അതുകൊണ്ടത് കണങ്ങളായി മാറും യുക്തോ ഭടേ മൃതഹ ചൂർണാത്മന അനുപ്രവേശ അതുകൊണ്ട് നമുക്ക് പറയാമതല്ലേ ആ പാത്രത്തിൽ മണ്ണ് ചൂർണരൂപത്തിൽ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാത്രം മണ്ണിനെ ചൂർണ രൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം പറയും അതാ വസ്തുവിന്റെ സവിശേഷത കൊണ്ടാണത് അനേകമാണ് അംശങ്ങളുള്ളതാണ് ദൃഷ്ടാന്തത്തിൽ നിങ്ങൾ പറയുന്ന സിദ്ധാന്തം യോജിക്കുന്നുണ്ട് പക്ഷെ ദാഷ്ടാന്തികത്തിൽ ശരിയാവില്ല മൃത ചുവർണ്ണസ്യ അപ്രമിഷ്ട ദേശവത്വ കാരണം ഒരു വസ്തു അത് വലുതായാലും ചെറുതായാലും അത് ദേശകാലങ്ങളിൽ പരിച്ഛന്നമാണ് ദേശകാലങ്ങളിൽ ഒരു വസ്തുവിന് ഇരിക്കുന്നതിനൊരു സ്ഥലം വേണം മണ്ണ് നമ്മൾ പറയും നമ്മളെ അനുഭവം എങ്ങനെയാണ് ഇതെന്താ ഈ കുടത്തിൽ ഇതിൽ മണ്ണാണ് മണ്ണ് തന്നെ സ്വയം പാത്രമായി മാറിയിരിക്കുകയാണ് പക്ഷെ ആ പാത്രത്തിൽ മണ്ണല്ലേ ഉള്ളൂ മണ്ണല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പാത്രത്തെ സംബന്ധിച്ച് പറയും അപ്പോ എന്താന്നെ താൽപ്പര്യം പാത്രം എന്ന് പറയുന്ന ഒന്നിൽ മണ്ണ് സ്ഥിതി ചെയ്യുന്നു പാത്രത്തിൽ എങ്ങനെയാണ് മണ്ണ് സ്ഥിതി ഒന്നിൽ ഒന്നായി സ്ഥിതി ചെയ്യുന്നു അതിനൊരു ദേശത്ത് സ്ഥിതി ചെയ്യാൻ പറ്റും പാത്രം പ്രത്യേകിച്ച് ഒരു ആ പാത്രത്തിൽ മണ്ണിനിരിക്കശമുണ്ടല്ലോ അതാ വ്യത്യാസം വെറും മണ്ണും പാത്രം തുമ്പിൽ മണ്ണൊരു പ്രത്യേക ദേശത്തിരിക്കുന്നു അല്ലേ കാരണം ആ മൺകണങ്ങൾ ഒന്നിനോട് ഒന്ന് ചേർന്ന് ഒരു പ്രത്യേക രൂപത്തിലിരിക്കുകയാണ് ഇപ്പോൾ അപ്പോ മണ്ണിന്റെ കണങ്ങൾക്ക് സ്ഥാനഭ്രംശം വന്നു മണ്ണായിരുന്നപ്പോൾ അതിരുന്ന സ്ഥാനത്തല്ല പാത്രമായി പോയിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് പാത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണ്ണെന്ന് പറഞ്ഞാൽ മതി എന്തു പാത്രമാകുന്നതിന് മുമ്പ് ഓരോ കണങ്ങളും ഇരുന്നത് ഒരു സ്ഥലത്ത് പാത്രമാകുമ്പോൾ അതിന്റെ സ്ഥാനം മാറി അതൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഘടനയിൽ ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നു അപ്പം അപ്രവിഷ്ടദേശം അത് ഈ മൺഗണങ്ങൾക്കുണ്ട് ഇന്നുമ്പതൊരു പ്രത്യേകത്തിൽ ദേശത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്താണോ മണ്ണായിട്ടിരിക്കുമ്പോൾ ഓരോ മൺഗണങ്ങളുടെയും സ്ഥാനം വേറെയാണ് പാത്രമായപ്പോൾ അത് സ്ഥാനം മാറി അതുകൊണ്ട് നമ്മൾ അതിന്റെ പാത്രം ഒന്ന് വിളിക്കുന്നു ഇപ്പൊ മൃതചൂർണസ്യ ആ ചൂർണത്തിന് അപ്രവിഷ്ടദേശമുണ്ട് അത് പ്രവേശിക്കാത്ത ദേശമുണ്ട് അവിടേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ഒരുപിടി മണ്ണെടുത്തതിനെ പല ആകൃതിയിലാക്കുക നാൻ ആകൃതിയിലേക്കതിനെ മാറ്റാം ഓരോ സമയം എന്താ അവിടെ സംഭവിക്കുന്നത് ആ മൺഗണങ്ങൾക്ക് ദേശഭേദം വരുന്നു മുമ്പിരുന്ന ഗണത്തിനോട് ചേർന്നായിരിക്കില്ല അതിരിക്കുന്നത് സ്ഥാനമാറ്റം വരുന്നു അപ്പൊ അതിന്റെ ആ ഘടനാ മാറ്റം അല്ലെങ്കിൽ അതിന്റെ ആകൃതിയിൽ വരുന്ന മാറ്റം അതുകൊണ്ട് നമുക്ക് പറയാം എന്താണോ അത് പൊതുവൊരു ദേശത്തേക്ക് പ്രവേശിച്ചു അത് മണ്ണിനെ സംബന്ധിച്ച് അത് സാധ്യമാണ് ഒരു ദേശത്തു നിന്ന് വേറെ ദേശത്തേക്ക് അതിന് സഞ്ചരിക്കാം എന്നത്മനഹ പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അത് സാധ്യമല്ല ഏകത്യസുതി നിരവൈവത്വ അപ്രവിഷ്ടഭാവാച്ഛ പ്രവേശ ഉപപദ്ധ്യത ആത്മാവ് ഏകമാണ് നിരവൈവത്വം അതിന് കണങ്ങളില്ല നശിക്കും പാത്രത്തിന് അംശങ്ങളുണ്ട് വസ്ത്രത്തിന് അംശങ്ങളുണ്ട് എല്ലാം നശിക്കുന്നു അപ്പം ആത്മാവിനെയും അംശങ്ങളുള്ളതായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നാശം സ്വീകരിക്കേണ്ടി വരും അതിന്റെ നാശം സ്വീകരിച്ചാലോ പിന്നീട് മോക്ഷമില്ല ആത്മാവിന് മോക്ഷമില്ല നശിച്ചു പോകുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് സമാനം പറയാൻ കഴിയാതെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കൊന്നും ഉത്തരം എല്ലാ അനുഭവത്തിലും ഉണ്ട് അതുകൊണ്ട് പരമാത്മാവിന് അംശങ്ങളുണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല നിരവയവത്വാ അപ്രവിഷ്ടഭാവാ അത് പ്രവേശിക്കാത്ത ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലം കാണിക്കാനുള്ള എന്തുകൊണ്ട് ഈ സ്ഥലം തന്നെ സൃഷ്ടിയാണ് ഈശ്വരൻ്റെ സൃഷ്ടിയാണ് ദേശകാലങ്ങൾ അത് ഇല്ലാത്ത ദേശത്തേക്കിനും കാണിക്കാൻ പറ്റും അതുകൊണ്ട് പ്രവേശ എന്നതി അതുകൊണ്ട് ഈശ്വരൻ അംശമായി പ്രവേശിച്ചു ഈ സൃഷ്ടിയിൽ നാമരൂപങ്ങളിൽ ശരീരത്തിനും മറ്റും എന്ന് പറയുന്നതും ശരിയല്ല കഥം തറി എങ്ങനെ ആ പ്രവേശ സംഭവിക്കും എന്ത് യുക്തിയനുസരിച്ച് അത് സംഭവിക്കും യുക്തസ്വ പ്രവേശ്രുതത്വ ശ്രുതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടങ്ങ് സ്വീകരിക്കുക കഥം തറീ പ്രവേശ എങ്ങനെയാണ് പ്രവേശത്തെ അംഗീകരിക്കാൻ പറ്റുന്നു പ്രവേശം എങ്ങനെ സംഭവിച്ചേ തീരും ശ്രുതത്വ ശ്രുതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ തദേവ അനുപ്രാവശ്യ സൃഷ്ടികർത്താവ് തന്നെ പ്രവേശിച്ചു എങ്ങനെയും ശ്രുതിയെ സാധൂകരിച്ചേ പറ്റും കാരണം ശ്രുതി അസത്യം പറയുന്നു ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വൈദികന്മാർ അപ്പൊ ശ്രുതിയെ നിഷേധിച്ചിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തരത്തിലും ഇത് സംഭവിച്ച മതിയാകും അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരേ വഴിയേ ഉള്ളൂ ഈ പ്രവേശത്തെ അംഗീകരിക്കുക എന്താണ് സാവവും അശൂന്യത്വ പറയുന്നു അങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യുക ഇതിന് സാവയവുമായി തന്നെ സ്വീകരിക്കും നേരത്തെ പറഞ്ഞു നിരവയവം എന്ന അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ശ്രുതി പറഞ്ഞിരിക്കുന്ന തത്വത്തെ ദ്രഹിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ശ്രുതി സാവയമെന്നോ നിരവയവെന്നൊന്നും പറയുന്നില്ല ശ്രുതി ഇത്രയേ പറയുന്നുള്ളൂ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചു അതിൽ പ്രവേശിച്ചു അതുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുക എന്താണ് സാവയവം സൃഷ്ടികർത്താവിന് അംശങ്ങളുണ്ട് അവയവങ്ങളുണ്ട് ഹിസ് അവയവത്വർ അവയവങ്ങൾ ഉള്ളത് കൊണ്ട് മുഖേ ഹസ്തപ്രവേശ ഇങ്ങനെയാണ് സാധാരണ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവേശിക്കാൻ ഒരിടം വേണം വാക്കുകളിലേക്ക് കൈ കടത്തുന്നു അതുപോലെ കാരണം പ്രവേശിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അവിടേക്ക് ആർക്കും കയറി പോവാം സൃഷ്ടികരത്ത് ആദ്യം തനിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു ഇടത്തെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടേക്ക് പ്രവേശിക്കുന്നു എന്താണ് ആ ഇടം എന്ന് പറയുന്ന നാംരൂപകാരി അതാണ് സൃഷ്ടികർത്താവ് തനിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ഇടം നാമരൂപകാര്യങ്ങൾ അവിടെ ജീവാത്മന ജീവസ്വരൂപത്തിൽ അനുപ്രവേശം കടന്നു യുക്ത ഏവേദിച്ച് എന്ന് സ്വീകരിച്ച സ്വീകരിക്കാനേ നിവൃത്തി അത് ശരിയാവില്ല അശൂന്യത്വാ പറയുന്നു അത് സാധ്യമല്ല പിന്നെ ഈശ്വരൻ അവയവങ്ങളുണ്ട് അങ്ങനെ ഈശ്വരൻ തനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഇടം ഉണ്ടാക്കി അവിടേക്ക് കടന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ദോഷമാണ് എന്തുകൊണ്ടാണ് അശൂന്യത്വാദ് ആത്മശൂന്യമായ ഒരു ഇടം വേണ്ടേ പ്രവേശിക്കാം വീട് വച്ചിട്ട് അതിൽ പ്രവേശിക്കാം എന്തുകൊണ്ട് വീട്ടിൽ മുമ്പ് ഞാനില്ലായിരുന്നു ഞാനില്ലാതിരുന്ന വീട്ടിനുള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കാം പക്ഷെ ഞാനവിടെ ഉണ്ടെങ്കിലോ എനിക്കെങ്ങനെ അവിടെ കിടക്കാൻ പറ്റും ഞാൻ അവിടെയാണ് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല അപ്പോൾ സർവാത്മാവാണ് എന്നാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത് അതിന് അംശമുണ്ടോ ഇല്ലയോ അംശമുണ്ടെന്നിരിക്കട്ടെ സർവവ്യാപ്യമാണ് സർവവ്യാപായ ഈശ്വരൻ നാമരൂപങ്ങളെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചാൽ ആ സൃഷ്ടിയിൽ എന്തായാലും സർവവ്യാപിയായ ഈശ്വരൻ കാണും കൊള്ളിടത്ത് പിന്നെ എങ്ങനെ പ്രവേശിക്കാൻ പറ്റും തനിക്ക് തൻ്റെ പൊളി കയറാൻ പറ്റും ാമരൂപകാര്യദേശ വ്യതിരേഖ ആത്മൂന്യ പ്രദേശവും ഈശ്വരൻ കാര്യരൂപത്തിൽ പരിണമിച്ചു എന്ന് പറഞ്ഞു തസ്സൃഷ്ടിക്കാം ഈശ്വരൻ അതിനുള്ള ശക്തിയുണ്ട് ോ ദൈവികമായ ശക്തിയെന്നോ അതുകൊണ്ട് എന്ത് ചെയ്തു കാര്യരൂപത്തിൽ ഇതന്നെ മായിത്തേർന്നു നാമരൂപ കാര്യദേശം വ്യതിരിക്കുന്നു എന്തായി മാറി അത് നാമരൂപങ്ങളായ കാര്യമായി അവിടെ ആത്മശൂന്യപ്രദേശം താനില്ലാത്ത ഒരു സ്ഥാനം അസ്ഥി അങ്ങനെ ഒരു സ്ഥാനം ഇല്ല എം ജീവാത്മനാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവാത്മ രൂപത്തിൽ പ്രവേശിക്കാമായിരുന്നു ഈശ്വരനെ സാവയവമായി സ്വീകരിച്ചു കഴിഞ്ഞാലും സർവവ്യാപിയായതുകൊണ്ട് സൃഷ്ടിച്ചതിലെല്ലാം ഈശ്വരനുണ്ട് അതുകൊണ്ട് സൃഷ്ടിച്ചതിന് ശേഷം പ്രവേശിക്കേണ്ട ആവശ്യമില്ല പ്രവേശിക്കാനൊട്ട് സാധ്യവുമല്ല അതുകൊണ്ട് അതും ശരിയാകത്തില്ല ഇനി കാരണമേവ ചെയ്ത് പ്രവേശിച്ചത് പറയുന്നു അപ്പോ തസ്സൃഷ്ടുവ തദ്ദേവ അനുപ്രവേശിച്ച എന്തായാലും അതിന്റെ അംശങ്ങൾ പ്രവേശിച്ച സ്വീകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കാൻ എന്താണോ അത് സൃഷ്ടിച്ചിട്ട് കാരണരൂപത്തിൽ തന്നെ അത് പ്രവേശിച്ചു കാരണം തന്നെ പ്രവേശിച്ചിരിക്കുന്നു കാര്യമായിട്ട് ജീവാത്മരൂപത്തില്ല ആ പരമാത്മരൂപത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവിശ്യ ജീവാത്മത്വം ലഹിക്ക ജീവനില്ലെന്ന് വരും പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് വരും അത് ജീവൻ പറയാൻ കഴിയുള്ളൂ ജീവനില്ല പരമാത്മാവേ ഉള്ളൂ അജുവിന് പറയാൻ കഴിയത്തില്ലല്ലോ അതും അസംഭവമാണ് യഥാ ഘടവും പ്രവേശി ഘടത്തും ജഹാദാണ് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് പറയുകയാണ് ഈ പാത്രം ഇത് മൺഗണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു മൺഗണങ്ങളെല്ലാം കൂടി ചേർന്ന് എന്താവും മണ്ണ് തന്നെ അപ്പോൾ പാത്രം മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ പാത്രം എന്തായി നിറഞ്ഞിരിക്കും മണ്ണ് തന്നെ പാത്രം മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പാത്രത്തിൻ്റെതായ പ്രത്യേകതകളൊന്നുമില്ല മണ്ണിൽ നിന്ന് അതിനെ വേർതിരിക്കത്തക്ക ഒന്നുമില്ല മണ്ണ് തന്നെ പിന്നെ അതിൽ ഘടത്തുമില്ല കാരണം തന്നെ എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാരണമേ ഉള്ളൂ പിന്നവിടെ കാര്യമായിട്ട് വേർ നേരിഞ്ഞ് നിൽക്കാനൊന്നുമില്ല ദൃഷ്ടാന്തത്തെ സംബന്ധിച്ചത് ശരിയാണ് പാത്രത്തെ മണ്ണായി കണ്ടാക്കുന്ന പാത്രമില്ല പാത്രം എന്ന് പറഞ്ഞാലും മണ്ണെന്നുള്ള അർത്ഥത്തിൽ കൂടുതലൊന്നും കിട്ടത്തില്ല മണ്ണ് തന്നെ മണ്ണിന്റെ ഒരു വിശേഷാകൃതി എന്ന് പറയും അതുപോലെ ആ പരമാത്മാവ് സ്വസ്വരൂപത്തിലാണോ പ്രവേശിച്ചിരിക്കുന്നത് എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ജീവനില്ല അീവത്വം ജഹ്യാ ജീവനില്ലെങ്കിൽ പിന്നെ ഇത് ആരാരോട് പറയുന്നു പരമാത്മാവ് പറയുന്നു പിന്നെ ആരുടെ മുമ്പിലാണ് ഈ സൃഷ്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് ആരാണ് ബന്ധമോക്ഷങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കുന്നത് ജീവത്വത്തെ വ്യാവഹാരികമായി അനുഭവപ്പെടുന്നുണ്ട് അതിന് വ്യാവഹാരികമായി നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈശ്വരൻ ഈശ്വര രൂപത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ശ്രദ്ധിക്കത്തില്ല ജീവൻ സ്വാനുഭവസിദ്ധമാണോ ജീവൻ അതും ശരിയല്ല തദ്വ അനുപ്രാവശ്യ ഇതിച്ച ശ്രുതേഹേ കാരണ അനുപ്രവേശോ യുക്ത തദ്വ അനുപ്ര അവിശത് എന്ന് പറയുന്നു അത് തന്നെ പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പരമാത്മാവ് തന്നെ പ്രവേശിച്ചു എന്ന് പറയുന്നതും യുക്തമല്ല തത് ഏവ എന്ന് പ്രവചിച്ചിരിക്കുകയല്ലേ അത് തന്നെ അത് ഏവാെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കരുത് എന്ന കാരണ അനുപ്രവേശം കാരണമാണ് അനുപ്രവേശം ചെയ്തത് എന്ന് പറയുന്നത് യുക്തമല്ല എന്തുകൊണ്ട് അവിടെ തന്നെ പറയുന്നു അനേന ജീവേന ആത്മന ആ പരമാത്മാവ് ജീവാത്മരൂപത്തിൽ പ്രവേശിച്ചു എന്നും ഇവിടെ രണ്ടു രീതി ചിന്തിച്ചാലും ശരി പരമാത്മരൂപത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാലും ജീവാത്മരൂപത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാലും ഒന്നും ഇവിടെ ശരിയാവുന്നില്ല എന്നാൽ ഇനി അങ്ങനെ ചിന്തിക്കാം തതേവ അനുപ്രാവശ്യ ജീവാത്മരൂപം കാര്യം നാമരൂപ പരിണതം കാര്യാന്തരമേവ അബദ്ധത പറയുന്നു അപ്പോ ഈശ്വരൻ എന്തോ മാറ്റം സംഭവിച്ചെന്ന് സ്വീകരിക്കേണ്ടി എന്തായാലും ഈശ്വരന്റെ ഈശ്വരനായിരുന്നു കൊണ്ടും മറ്റൊന്നിനും പ്രവേശിക്കാൻ പറ്റില്ല കാരണം അത് അതിനെ പ്രവേശിച്ചു കഴിഞ്ഞു ഈശ്വരനിലെ മൊത്തത്തിലൊരു മാറ്റമാണ് എന്ത് ചെയ്തു അത് സ്വയം നാം ഒരുപാട് തന്നെ മാറി കാര്യാന്തരമായിട്ട് മാറി എന്ന് സ്വീകരിക്കേണ്ടി ജീവാത്മരൂപം കാര്യം നാമരൂപ പരിണതം കാര്യാന്തരമേ ഭീവാത്മാവാൻ ഒരു പ്രത്യേക രൂപത്തെ പ്രാപിച്ചത് മറ്റൊരു കാര്യം സഷ്യൽ അനേക കാര്യങ്ങളുണ്ട് അതുപോലെ നാമരൂപാത്മകമായ ജീവൻ എന്ന് പറയുന്ന വേറൊരു രൂപത്തെ പ്രാപിച്ചു രൂപാന്തരത്തെ പ്രാപിക്കുക എന്ന് പറയുന്ന ഈശ്വരഭാവം എല്ലാം പോയി അതെന്ന് വേറിട്ട് മറ്റൊരു രൂപമായി മാറി സൃഷ്ടിയിൽ പല കാര്യങ്ങളുണ്ടായി നാമരൂപാത്മകമായ കാര്യമായി അവിടെ തന്നെ നാമരൂപാത്മകമായ ജീവകാര്യമായി മാറി ഇപ്പൊ കാര്യം തന്നെ മറ്റൊന്നായി മാറി ഒന്ന് നാമരൂപാത്മകമായ ശരീരകാര്യം ഒന്ന് നാമരൂപാത്മകമായ ജീവകാര്യം ഇങ്ങനെ കാര്യം തന്നെ കാര്യാന്തരത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ വിരോധ അത് ശരി ഘടാന്തരം അപദ്ധ്യത ശരി മണ്ണിൽ നിന്നും ഒരു പാത്രം ഉണ്ടായി അത്രയും സമ്മതിക്കും പക്ഷെ ആ പാത്രത്തിന് ഇനി മറ്റൊരു പാത്രമാകാൻ പറ്റത്തില്ല ഈശ്വരനിൽ നിന്ന് സൃഷ്ടിയുണ്ടായി ആ സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയായി മാറാൻ കഴിയത്തില്ല എന്താണോ ഈശ്വരൻ നിന്ന് സൃഷ്ടമായത് അതെല്ലാം ചേർന്ന് ഒരു സൃഷ്ടി അത് പൊതുവെ അതിന് പറയും നാമരൂപം അത് ജീവനായാലും ശരി പഞ്ചഭൂതങ്ങളായാലും ശരി എന്തായാലും അത് നാമരൂപമാണ് ഒരു സൃഷ്ടിയോ ആ സൃഷ്ടിക്കിനി മറ്റൊരു സൃഷ്ടിയായി മാറാൻ കഴിയത്തില്ല ഇതല്ലാതെ വേറൊരു സൃഷ്ടിയാവാൻ സാധിക്കും അതിനുശേഷിയില്ലല്ലോ കാരണം അത് സൃഷ്ടാവിന്റെ സാമർഥ്യമാണ് ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയത് സൃഷ്ടിയിൽ പ്രത്യേകിച്ച് സാമർഥ്യമൊന്നുമില്ല സാമർഥ്യമില്ലാത്ത സൃഷ്ടിക്കെങ്ങനെ മറ്റൊരു സൃഷ്ടിയായി മാറാൻ പറ്റും അപ്പൊ ഇവിടെ ത സൃഷ്ടുവരൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചു അനുപ്രാവശ്യം ആ സൃഷ്ടിയിൽ മറ്റൊരു സൃഷ്ടിയായി മാറി ആ സൃഷ്ടി സ്വയം മറ്റൊരു സൃഷ്ടിയായി മാറി അതാണ് ജീവസൃഷ്ടി അങ്ങനെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല ശ്രുതി വിരോധ ജീവസ്യ നാമരൂപകാരി വ്യതിരേക അനുവാദിന്യ ശ്രുതിയോ വിരുദ്ധേരൻ അതുമാത്രമല്ല ശ്രുതി പറയുന്നുണ്ട് രണ്ടു കാര്യങ്ങളെ കുറിച്ചേ പറയുന്നുള്ളു ഒന്നും സൃഷ്ടി കർത്താവിനെ മറ്റൊന്ന് സൃഷ്ടിയെ കുറിച്ച് രണ്ടു കാര്യങ്ങളൂടെ പറയുന്നുള്ളു ഒന്ന് സൃഷ്ടി കർത്താവ് ആത്മാ എന്ന് പറഞ്ഞു മറ്റൊന്ന് സൃഷ്ടി അതിനെക്കുറിച്ച് പറഞ്ഞു ആകാശം ആകാശത്തിൽ നിന്ന് വായും പൊതുവെ പറയുന്നു നാം വരും ഒരു കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്ന എന്താണ് നാമരൂപ കാര്യങ്ങളിൽ നിന്നും ഭിന്നമാണ് ആത്മാവ് അത് നാമരൂപ കാര്യങ്ങളുടെ പരിണാമമല്ല നാമരൂപ കാര്യങ്ങൾ മറ്റൊന്നായി മാറിയതല്ല പറയുന്നു തത് അവൻ ആ പരമാത്മാവ് അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് ആണ് വ്യതിരേക ശ്രുതി വിരോധാശ ജീവസ് നാമരൂപകാര്യ വ്യതിരേക അനുമാരന്യം ജീവൻ നാമരൂപകാര്യങ്ങളിൽ നിന്നും വേറെയാണ് എന്ന് പറയുന്ന ശ്രുദേഹ ശ്രുതിക്ക് വിരോധം വരും ഇവിടെ അങ്ങനെ പറയുന്നത് ആ ജീവൻ പരമാർത്ഥത്തിൽ പരമാത്മാവ് തന്നെ എന്ന് ശ്രുതി പറയും തത്തുമസി അഹം ബ്രഹ്മാസ്മി ഇതുമെല്ലാം ഓർക്കണം നമ്മൾ പറഞ്ഞു ജീവൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു ജീവനെ സൃഷ്ടിച്ചിരിക്കുകയാണ് പക്ഷെ അതേ ശ്രുതി എന്ന് പറയുന്നത് എന്താണ് തത്തുമസി പരമാത്മാവ് തന്നെ എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു കാരണം ഈ നാമരൂപാത്മകമായിരിക്കുന്ന കാര്യത്തിൽ നിന്നും വേറിട്ടൊന്നാണ് പരമാത്മാവ് ആ പരമാത്മാവാണ് ഈ ജീവൻ വാസ്തവത്തിൽ എന്ന് ശ്രുതി പറയുമ്പോൾ സൃഷ്ടിയുടെ തന്നെ ഒരു രൂപാന്തരമാണോ ജീവൻ എന്നൊന്നും പറയാൻ കഴിയത്തില്ല അതുമാത്രമല്ലാത്ത താപത്വവും മോക്ഷാസംഭവാശീവൻ സ്വയം നാമരൂപാത്മകമായ ഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം സാധിക്കത്തില്ല മോക്ഷമുണ്ടാകത്തില്ല എന്താണ് മോക്ഷം അത് ജീവന്റെ തന്നെ സ്വരൂപമാണ് നാമരൂപരാഹിത്യമാണ് മോക്ഷം നാമരൂപങ്ങളില്ലാത്ത സ്വസ്വരൂപമാണ് മോക്ഷം ആ സ്വ സ്വരൂപത്തെ വെടിഞ്ഞ് അത് കേവലം നാമരൂപാത്മകമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം അങ്ങനെ സംഭവിക്കും മോക്ഷം സംഭവിക്കണമെങ്കിൽ ജീവന് ആ നാമരൂപ കാര്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നാമരൂപരഹിതമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി സ്വീകരിക്കും അല്ലെങ്കിൽ മോക്ഷം അസാധ്യമായി തീരും മഹീയത മുച്യമാന തതേവാപത്തി പരമാത്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു അവിടെ എന്താ ശ്രമിക്കുന്നത് ജീവഭാവത്തിൽ ഇതിൽ നിന്നും മോചിക്കാൻ ജീവഭാവത്തെ സ്വയം പ്രാപിച്ചിട്ട് ജീവഭാവത്തിൽ നിന്നും മോചിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഈശ്വരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വസ്ത്രത്തെ ടുത്ത് അണിയാൻ ശ്രമിക്കുന്നു അതേ വസ്ത്രത്തിൽ തന്നെ അഴിച്ചു കളയാൻ ശ്രമിക്കുന്നു അതുപോലെ പരമാത്മാവ് സൃഷ്ടിച്ചു സൃഷ്ടിയിൽ പ്രവേശിച്ചും അതിന് മോചിക്കാൻ ശ്രമിക്കുന്നു ഒരാളൊരു വീടുണ്ടാക്കി അതിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒരു പക്ഷിയെ ഒരു കൂടുണ്ടാക്കി അതിലേക്ക് താമസിക്കുന്നു പിന്നെ അത് ഇറങ്ങിപ്പോകുന്നു അതുപോലെ പരമാത്മാവ് ഈ നാമരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഇറങ്ങിപ്പോകാനാണ് സ്വതന്ത്രനാകാനും അസുരവിടെ ഇരിക്കാൻ വേണ്ടിയല്ല അപ്പൊ പറയുന്നത് സ്വയം ആ കാര്യരൂപത്തിലായിക്കഴിഞ്ഞു പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ അതിന് മോചിക്കാൻ കഴിയും സൃഷ്ടുവ തദൈവ അനുപ്രാവശിച്ചതെന്ന് കേട്ടതുകൊണ്ട് ആ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എന്നിട്ട് സ്വയം അത് നാമരൂപാത്മകമായ ഒരു കാര്യമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയതിന് മോചനം സംഭവിക്കും മുച്ഛമാനഹ തതേവാപത്തിൽ ഏതൊന്നാണോ മോചിക്കാൻ ആഗ്രഹിക്കുന്ന അതിന് സ്വയം അതായി മാറാൻ കഴിയത്തില്ല അതാണ് മോചനം നഹി ശൃംഖല ശൃംഖലാപത്തി ബദ്ധസ് തസ്കരാദിഹി കളന് വിലങ്ങിട്ട് വിലങ്ങുവെച്ച് കഴിഞ്ഞാൽ കള്ളൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് ഈ വിലങ്ങിൽ നിന്ന് മോചിക്കണം വിലങ്ങിനെ അഴിച്ചു മാറ്റണം അതാണ് ബന്ധിക്കുന്നതിന് കാരണമായതെന്താണോ ബലങ്ങാണ് ശൃംഖല സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചു ഇതിൽ പ്രവേശിച്ചു ഇപ്പോൾ സൃഷ്ടികർത്താവിനെ ബന്ധിച്ചിരിക്കുന്ന എന്താണ് ഈ നാമരൂപങ്ങൾ സ്വയം ആ സൃഷ്ടികർത്താവ് ആ നാമരൂപങ്ങളായി മാറിയാൽ കള്ളൻ സ്വയം ബലങ്ങായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ആർക്ക് എങ്ങനെ മോചനം സംഭവിക്കുന്നു അതാണ് ബദ്ധസ് തസ്കരാദേഹി എന്ന ശൃംഖലാപത്തിനായ കള്ളനും മറ്റും സ്വയം ചങ്ങനയാകാൻ കഴിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് ആരും മോചിക്കുന്നു കള്ളൻ ചങ്ങനെയാകും അതുപോലെ സൃഷ്ടികർത്താവ് ജീവഭാവത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു ജീവൻ മോചനത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ആ ജീവൻ സ്വയം ഈ നാമരൂപാത്മകമായ ബന്ധനമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ മോചിക്കാൻ കഴിയും ജീവനും ഒരു സൃഷ്ടിയല്ലേ സൃഷ്ടിയിൽപ്പെട്ടതല്ലേ അത് അംശമല്ലേ സൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്ന ഇത് െ സേവിച്ച് മോചനം നേടേണ്ടതല്ലേ എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ മനസ്സി വെച്ചുകൊണ്ടാണ് പറയുന്നത് അതിനാണ് സമാനം പറയുന്നത് ജീവൻ ഈ സൃഷ്ടിയിൽ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഈശ്വരഭാവത്തെ വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും അതിന് മോചനമില്ല മോക്ഷമില്ല കള്ളൻ കള്ളനായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ മോചിക്കാൻ പറ്റൂ വിലങ്ങ് എന്തെങ്കിലും ആരെങ്കിലും ഒഴിച്ചു മാറ്റിയാൽ മോ മോചിക്കാം കള്ളൻ സ്വയം വിലങ്ങായി മാറിയാൽ എങ്ങനെ മോചിക്കാൻ പറ്റൂ അതുപോലെ ജീവൻ സ്വയം നാമരൂപാത്മകമായ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മോചിക്കാൻ കഴിയും അപ്പൊ ജീവന്റെ സ്വരൂപം നാമരൂപാത്മകമായ സൃഷ്ടിയല്ല ഇപ്പൊ പരമാത്മാവ് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പരമാത്മാവ് സ്വയം നാമരൂപാത്മകമായ പ്രപഞ്ചമായി മാറി എങ്ങനെ സ്വസ്വരൂപത്തെ വിട്ടിട്ട് ആ പരമാത്മാവിന്റെ സർവജ്ഞത്വം സർവശക്തിത്വം സർവവ്യാപിത്വം സർവമഹത്വം തുടങ്ങിയ ആ സ്വരൂപത്തെ എല്ലാം വിട്ടിട്ട് അല്ലെങ്കിൽ സത്യജ്ഞാനം അനന്തം എന്ന് പറയുന്ന ആ ഭാവത്തെ എല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ഒരംശമായി ഈ സംസാരമായി മാറി എന്ന് വന്നു കഴിഞ്ഞാൽ മോചനമില്ല എന്നാണ് പറയുന്നത് തസ്കരസൃംഖലാപത്തി പരമാത്മാവ് എന്നും പരമാത്മാവിൽ തന്നെ ഇരിക്കണം എന്നാലേ മോചനമുള്ളൂ നിത്യമുക്തനെ മോചനമുള്ളൂ അതാ പറഞ്ഞു വരുന്നു മുക്തനായിരുന്നതുകൊണ്ടാണ് മോചിക്കാൻ കഴിയൂ മുക്തി എന്നു പറയുന്നത് തന്റെ സ്വാതന്ത്ര്യമാണ് സ്വരൂപമാണ് എന്നാൽ മാത്രമേ മുക്തി സാധ്യമാകും അതിലെന്തെങ്കിലും ഒരു കളങ്കം ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ മുക്തി സാധ്യത അല്ലെ കള്ളൻ ഏതു സമയവും മുക്തനാകാം മുക്തി അവന്റെ സ്വാതന്ത്ര്യമാണ് അവന്റെ സ്വരൂപമാണ് അവൻ ജനിച്ചത് ശൃംഖലയോടുകൂടിയല്ല അപ്പൊ ഏത് സമയം ഒന്നും മുക്തനാകാം അതാണ് അവന്റെ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ആ ബന്ധനം അവനിൽ നിന്നും വേറെയാണ് ശൃംഖല വേറെയാണ് കള്ളം വേറെയാണ് അങ്ങനെയിരിക്കണം അപ്പൊ ജീവൻ വേറെയായിരിക്കണം പ്രപഞ്ചം വേറെ ആയിരിക്കണം അപ്പൊ ജീവൻ വേറെ ആരാകും ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ സൃഷ്ടിയും സൃഷ്ടികർത്താവും അപ്പൊ ജീവൻ സൃഷ്ടികർത്താവായി തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ നിന്നും മോചനമില്ല അല്ലെങ്കിൽ ജീവന് സൃഷ്ടിയാകേണ്ടി വരും സൃഷ്ടിയായാൽ പിന്നെ മോചനമില്ല അതുകൊണ്ട് സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയായി മാറി എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല ശരി എന്നാ ഇനിയും ചിന്തിക്കാം ബാഹ്യാഭ്യന്തര ഭേദന പരിണന്ത തദവ കാരണം ബ്രഹ്മ ശരീരാദയാധാരദന്തജീവാത്മനധേയർണതമേ വഹിഷ്ട്രവേഷോപത്തിയോ എ അന്തസ്ഥോ തവിഷ്ടുച്യത്തെ അനുപ്രവേശ പ്രവേശ് ഇനി വേറൊന്നും സ്വീകരിക്കാൻ താണ് ബാഹ്യ ആഭ്യന്തരം സൃഷ്ടിച്ചിട്ടതിനെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് ബാഹ്യ ആഭ്യന്തര രൂപത്തിൽ അത് പരിണമിച്ചു എന്നെടുക്കുക അതങ്ങനെ തതേവ കാരണം ബ്രഹ്മ ശരീരാദ്യ ആധാരത്വേന തതന്ത്ര ജീവാത്മനാധേയത്വേന ചരിണതം ബാഹ്യാഭ്യന്തരം എന്താണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ബാഹ്യമായി ഈ നാമരൂപാത്മകമായ ശരീരം മനുഷ്യശരീരം വൃക്ഷശരീരം പക്ഷിശരീരം മൃഗശരീരം ഇതാണ് കാണുന്നത് ഇതാണ് ബാഹ്യം ഈശ്വരൻ അങ്ങനെ പരിണമിച്ചു ശരീരാതി ആധാരത്വം എന്നുവെച്ചാൽ ഈശ്വരൻ ഈ സൃഷ്ടിയെ ശരീരാദി സൃഷ്ടിയെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നതിനാണോ തനിക്ക് ഒരു ഇരിപ്പടം അത് ശരീരാദി ആധാരമായി സൃഷ്ടി അങ്ങനെയായി മാറികൊള്ളു മനുഷ്യ വൃക്ഷ പക്ഷി മൃഗാതി ശരീരമായി മാറി എന്നിട്ടോ തതന്ത്ര ജീവാത്മന ആധേയത്വന ഈ ആധാരത്തിൽ ഇരിക്കുന്നവരാളുണ്ടല്ലോ പറയുമല്ലോ നമ്മൾ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നു ഞാൻ ഈ ശരീരം വിട്ടുപോകും അപ്പം ഞാൻ ജീവൻ ആധേയമായി ഇരിക്കുന്നവനായി പരണതും അങ്ങനെ ഈശ്വരൻ തന്നെ രണ്ടായി മാറി ഇതൊക്കെ സാധാരണ പറഞ്ഞു വരുന്ന ശരീരം ആധാരം ജീവൻ ആധേയം ശരീരം ഇരിപ്പിടം ജീവൻ അതിലെ ഇരിക്കുന്നവൻ ഇതാണ് സൃഷ്ടി സർവശരീരങ്ങളെടുക്കുക നമ്മുടെ ശരീരത്ത് മാത്രം എടുക്കരുത് വൈ സമ്പൂർണ്ണ സൃഷ്ടിയിലും അതാ സംഭവിച്ചിരിക്കുന്നത് ഈശ്വരൻ ഒരു ഇരിപ്പിടത്ത് തൃക്ഷിച്ചിട്ട് അതിലിരിക്കുന്നു ജീവഭാവത്തിൽ ഇത് ചെയ്ത് അങ്ങനെ സ്വീകരിച്ചാലോ അത് ശരിയാവത്തില്ല ബഹിഷ്ടസ്യ പ്രവേശപത്തേഹി ഒരാൾ അകത്തേക്ക് കടക്കണമെങ്കിൽ ആദ്യം പുറത്ത് നിൽക്കണം ആണ് ബഹിഷ്ടസ്യ പുറമേ നിൽക്കുന്നവനെ പ്രവേശപൂത്തേഹെ ഉള്ളിൽ കടക്കാൻ കഴിയൂ ഹിയോ എസ് അന്തസ്തഹ സയൈവത് പ്രവിഷ്ഠിച്ചത് ശരി ഞാൻ ഈ മുറിക്ക് അകത്തിരിക്കുന്നു ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് ഞാനതാ പുറമേ നിന്ന് ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നു അതെനിക്ക് പറയാൻ കഴിയത്തില്ല ഹിയോ എസ് അന്തസ്തഹ ഉള്ളിലിരിക്കുന്നവന് സയൈവത്തത് പ്രവിഷ്ഠ അവൻ തന്നെ അതിൽ പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയില്ല ബഹിഷ്ട്രവേശ്യം അത് കഴിയും എന്താണോ ഞാനിപ്പോൾ പുറമെയാണ് ഞാൻ നടന്നോ പറന്നോ എങ്ങനെയാണോ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അത് പറയാൻ പറ്റും പ്രവേശാർത്ഥ സേവം ദുഷ്ടത്വം പ്രവേശം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു യഥാഗ്രഹം കൊടുത്ത പ്രാവശ്യ ഒരാളെ വീട് വച്ചു അതിലേക്ക് പ്രവേശിച്ചു ഗ്രഹപ്രവേശം നടത്തി പുറമേ പിന്നീട് ഉള്ളിലേക്ക് വന്നു ഇവിടെ ഇതെങ്ങനെ സാധ്യമാകും പുറമേ നിന്നിട്ടെങ്ങനെ കിടക്കാൻ പറ്റും എന്തുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്ന സൃഷ്ടികർത്താവാണ് സൃഷ്ടിച്ചത് ഈ വീട് ശരീരമാകുന്ന വീടുകൾ സൃഷ്ടിച്ചയാളിന് പിന്നീട് എങ്ങനെ അതിനകത്തേക്ക് കിടക്കാൻ പറ്റും അയാൾ പുറത്തല്ലല്ലോ അത് സർവത്രം നിറഞ്ഞിരിക്കൻ്റെ സൃഷ്ടിയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ആളിന് താൻ തന്നെ സൃഷ്ടിച്ചതിൽ ഇങ്ങനെ പ്രവേശിക്കാൻ കഴിയും അതുകൊണ്ട് അതും ശരിയല്ല ഇനി അവസാനത്തെ ശ്രമം എന്താണ് ജലസൂര്യഗാദി പ്രതിബിംബവത് പ്രവേശിച്ച് അങ്ങനെ നമുക്ക് സ്വീകരിക്കാം കൂടുതൽ യുക്തിക്ക് നിരക്കുന്നതാണ് അനുഭവത്തിന് അണങ്ങുന്നതാണ് ജലസൂര്യകം ജലത്തിലെ സൂര്യപ്രതിബിംബം പ്രതിബിംബവത് അതുപോലെ പ്രവേശ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു പരമാത്മ സൂര്യൻ ഈ മായാകാര്യമായിരിക്കുന്നു ഈ സൃഷ്ടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നു പ്രതിബിംബിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പ്രേബിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ജീവഭാവം വന്നിരിക്കുന്നു ഇത് സാറിന് പറയാറുള്ളതാണല്ലോ ഇത് സ്വീകരിച്ചാലോ അങ്ങനെ ചിന്തിച്ചാലോ എന്തായാലും ശ്രുതിയുടെ താത്പര്യം കണ്ടെത്തണം തത്വജ്ഞാനം വേണ്ടേ യഥാർത്ഥമായ ജ്ഞാനം ശരിയായ ജ്ഞാനം അത് ശ്രുതിയെ ആശ്രയിച്ചല്ലേ ഉണ്ടാവും ശ്രുതിയെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ എത്തുമ്പോഴും കിട്ടാതിരുന്ന എന്തു യുക്തിക്ക് ഇണങ്ങാത്ത തത്വമാണെങ്കിൽ എങ്ങനെയത് സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് എല്ലാ പക്ഷങ്ങളും ചിന്തിക്കുന്നത് ഇത് ചെയ്ത അതും ശരിയല്ല ഇത് ഈ ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ബിംബവും പ്രതിബിംബവും പോലെയാണെന്ന് പറയുന്നതും അസംബന്ധമാണ് എന്തുകൊണ്ട് അപരിച്ഛിന്ന അമൂർത്തച് അപരിഛിന്ന അമൂർത്ത അന്യസ് അന്യത്ര പ്രസാദസ്വഭാവകെ ജലാദോ സൂര്യകാതി പ്രതിബിംബോദയത്വാത്മന അമൂർത്ത അത് അങ്ങനെ പറയാറുണ്ട് ഇത് പ്രതിബിംബം പോലെയാണ് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം പരമാത്മാവ് പ്രതിബിംബം പോലെ ഇവിടെ പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല അത് ഇവിടെ അക്ഷരം പ്രതി സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ട് അപരിച്ഛിഹ്നത്വം പരമാത്മാവ് അപരിച്ഛിന്നനാണ് ദേശകാല വസ്തു പരിച്ഛേദമൊന്നും അതിനകത്തില്ല അതിന്റെ വ്യാപകത്വത്തെ കെടുക്കുന്നതിനുള്ള യാതൊന്നുമില്ല അവര് ചിഹ്നം എന്ന് പറയുന്നത് അമൂർത്തും അതിന് മൂർത്തമായൊരു രൂപം അഗ്നി ജലം ഭൂമി ഇതെല്ലാം മൂർത്ത രൂപങ്ങളാണ് നിറം ആകൃതി ഘനം മാനം ഗുരുത്വം തുടങ്ങിയ ധർമ്മങ്ങളുള്ളവ മൂർത്തമായ വസ്തുക്കളാണല്ലോ അഗ്നി ജലം പൃഥ്വി എല്ലാം മൂർത്ത വസ്തുക്കളാണ് ഈ പറയുന്ന ഗുണങ്ങൾ അതിനൊക്കെ ഉണ്ടായിരിക്കും എല്ലാം കാണും പക്ഷേ ആത്മാവാദം അമൂർത്തമാണ് അതിന് ഗുരുത്വമില്ല അതിനാകൃതിയില്ല നിറമില്ല ഖനമാനങ്ങളൊന്നും അതിനകത്ത് അതിനില്ല അതിന് സർവവ്യാപകമാണ് അങ്ങനെയുള്ള ഒന്ന് പ്രതിബിംബിക്കുക അതെങ്ങനെ സംഭവിക്കും ജലത്തിൽ കാണുന്ന പ്രതിബിംബത്തെ എന്താ കാണുന്നത് സൂര്യന്റെ ആകൃതി വൃത്താകൃതി അത് ജലത്തിൽ കാണും എന്തുകൊണ്ട് സൂര്യൻ വൃത്താകൃതി ഉള്ളതുകൊണ്ടാണ് ആത്മാവ് വൃത്താകൃതിയല്ല ആത്മാവിന്റെ വൃത്തത്തെ പ്രതിബിബിച്ച് കാണാൻ പറ്റില്ല ജലത്തിൽ കാണുന്നത് സൂര്യന്റെ നിറം അഗ്നി ജലത്തിൽ കാണുന്നുണ്ട് ഇത് രണ്ടുമല്ലേ ജലത്തിൽ കാണുന്നുള്ളൂ ഒന്ന് അതിന്റെ വൃത്താകൃതി മറ്റൊന്ന് അഗ്നി വർണ്ണം ഇതല്ലാതെ എന്താ ജലത്തിൽ കാണുന്നുള്ളത് പരമാത്മാവിന് എന്ത് വർണ്ണമാണുള്ളത് പരമാത്മാവിന് എന്ത് ആകൃതിയാണുള്ളത് ഇത് രണ്ടുമില്ലാത്ത ഒന്നിന്റെ പ്രതിബിംബം എങ്ങനെ സാധ്യമാകും അമൂർത്തമായി ഒന്നിനെ പ്രതിബിംബിക്കാൻ കഴിയത്തില്ല ഒരു പദാർത്ഥത്തിന് അങ്ങനെ പ്രതിബിംബിക്കാൻ സാധ്യമല്ല പിന്നെ പരമാത്മാവ് പ്രതിബിംബിച്ചു എന്നെല്ലാം പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് അത് അസംബന്ധമാണ് അത് മാത്രമല്ല സൂര്യ ബിംബം അത് പരിച്ഛിന്നമാണ് വസ്തുപരിച്ഛിന്നമാണ് അത് ആകാശ ദേശത്തിൽ പ്രത്യേകമായ ആകൃതിയോടുകൂടി പരിമിതമായി നിൽക്കുന്ന ഒന്നാണത് പരിച്ഛിന്നമാണോ അത് വ്യാപകമല്ല വ്യാപകമായ ഒന്നിനൊന്നും പ്രതിബിംബിക്കാനൊക്കത്തില്ല പരിച്ഛിന്നമായതിനെ പ്രതിബിംബിക്കാൻ പറ്റും വ്യാപകമായ ആകാശം ജലത്തിൽ പ്രതിബിംബിക്കുന്നു വ്യാപകമായ ആകാശത്തിന് ജലത്തിൽ പ്രതിബിംബിക്കാൻ പറ്റില്ല ജലത്തിൽ പ്രതിബിംബിക്കുന്ന എന്താണോ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് ജലത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ആകാശത്തിൽ ആരോപിച്ചിരിക്കുന്ന നിറത്തെയാണ് ജലത്തിൽ കാണുന്നത് ആകാശത്തിന് പ്രതിബിംബിക്കാൻ കഴിയത്തില്ല ഇത് ആകാശത്തെക്കാൾ വ്യാപകമാണ് സൂക്ഷ്മമാണ് സൂക്ഷ്മത്തിന് പ്രതിബിംബിക്കാൻ കഴിയത്തില്ല പരമാണുക്കാൾ ജലത്തിൽ പ്രതിബിംബിക്കുന്നില്ല സ്ഥൂലത്തിനെ പ്രതിബിംബിക്കാൻ പറ്റും ഇപ്പൊ പരിച്ഛിന്നു പറയുമ്പോൾ സ്ഥൂലമാണ് മൂർദ്ധമാണ് പരിമിതമാണ് ആത്മാവ് അങ്ങനെയല്ല പരമാത്മാവ് സൂക്ഷ്മമാണ് ആകാശത്തേക്കാൾ വ്യാപകമാണ് അതിന്റെ പ്രതിബിംബം എവിടെ എങ്ങനെ സംഭവിക്കും പരിശിന്നസ്യ മൂർദ്ധസ് അന്യത്ര ഇനി പ്രതിബിംബിക്കണമെങ്കിലോ വേറിട്ടൊന്നും വേണം അല്ലെ സൂര്യനിൽ നിന്നും വേറിട്ട ജലം ഉള്ളതുകൊണ്ടാണത് പ്രതിബിംബിക്കുന്നത് സൂര്യനിൽ നിന്നും വേറിട്ട കണ്ണാടി ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രതിബിംബം വരുന്നത് ഇവിടെ ഏകനായ സൃഷ്ടികർത്താവ് സ്വയം പലതായി മാറി അവനിൽ നിന്നും അന്യമായ ഒന്നുമില്ലല്ലോ ഇവിടെ പിന്നെ ഏതിൽ പ്രതിബിംബിക്കും എന്തായി മാറി അതല്ല അവൻ തന്നെ പിന്നെ ഈ പ്രതിബിംബിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന് അർത്ഥം മൂർത്തസ്യ അന്യസ്യ അന്യത്ര പ്രസാദസ്വഭാവകേ അതാണ് നമ്മൾ കാണുന്നത് സ്വച്ഛമായ ജലം മലിനമാണെങ്കിൽ അവിടെ പ്രതിബിംബം കാണത്തില്ല മലിനമായ കണ്ണാടിയിലും പ്രതിബിംബം ഇപ്പം എന്തുവേണം പ്രതിബിംബിക്കണമെങ്കിൽ ആ ബിംബത്തിൽ നിന്നും അന്യമായ വസ്തു വേണം ആ ബിംബത്തെ പ്രകാശിപ്പിക്കുന്നതിന് തക്ക വേണം അങ്ങനെയുള്ള ജലാദു ജലം കണ്ണാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ സൂര്യകാതി പ്രതിബിംബോദയഹ സൂര്യന്റെയും മറ്റും പ്രതിബിംബോധയം അത സംഭവിക്കുക അത് പറയുന്നതല്ല ഉദാഹരണത്തിൽ ശരിയാണ് അവിടെ ബിംബവും പ്രതിബിംബവും എല്ലാം സംഭവിക്കുന്നുണ്ട് അതുപോലെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും സംബന്ധിച്ച് പറയുക പരമാത്മാവിൻ്റെ ഒരു പ്രതിബിംബമാണ് ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മാ തത്വത്തെ അറിയാത്തുകൊണ്ടാണല്ലെങ്കിൽ തെറ്റായി ധരിച്ചിട്ടാണ് അന്നും സാധ്യമല്ല ഒറ്റ വാക്കിൽ പറയുന്നതുകൊണ്ട് ആത്മനഹ അമൂർത്ത പരമാത്മാവ് അമൂർത്തമാണ് രൂപമില്ല ആകൃതിയില്ല നിറമില്ല ഒന്നുമില്ല ഒരു ഗുണങ്ങളുമില്ല അതിന്റെ പ്രതിബിംബമല്ല ജീവൻ അത് സംഭവിക്കത്തില്ല പ്രതിബിംബിക്കാൻ അതിന് സാധ്യമല്ല അത് മാത്രവുമല്ല ആകാശവാദി കാരണസ്യാത്മനോ വ്യാപകത്വ തദ്ധി പ്രകൃഷ്ട പ്രതിബിംബ ആധാര വസ്തുതര അഭാവാച്ച പ്രതിബിംബ പ്രവേശവും അയുക്തുകൊണ്ട് അവസാനത്തെ ഒരാശയമെന്നുള്ള നിലയ്ക്ക് പരമാത്മാവ് തന്റെ സ്വരൂപത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ പ്രതിബിംബരൂപത്തിൽ നാമരൂപങ്ങളിൽ പ്രവേശിച്ചതാണ് ഈ ജീവഭാവം എന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് ഈ നാമരൂപാത്മകമായ സൃഷ്ടിയിൽ സർവവ്യാപകമായിരിക്കുന്ന ആകാശം സർവത്തെയും വ്യാപിച്ചിരിക്കുന്നു വായു ജലം അഗ്നി ഭൂമി സർവത്തിനും വ്യാപിച്ചിരിക്കുന്നതാണ് ആ ആകാശത്തേക്കാൾ വ്യാപകവും ആകാശത്തിനും കാരണവുമാണ് ആത്മാവ് അതാണ് ആകാശാദി കാരണസ്യാത്മന വ്യാപകത്വം അത് സർവവ്യാപകമാണ് സർവവ്യാപകമെന്ന് പറഞ്ഞാൽ സർവത്തിനും ആധാരമാണ് പഞ്ചഭൂതങ്ങൾക്കും സർവനാ നാമരൂപങ്ങൾക്കും ആധാരമാണ് അതുകൊണ്ടാണ് സർവവ്യാപകം എന്ന് പറയുന്നത് തദ്പ്രകൃഷ്ട ദേശം അതിൽ നിന്നും വേറിട്ടൊരു ദേശം ആത്മാവിൽ നിന്നും വേറിട്ടൊരു ദേശം അതാണ് സർവദേശം അതാണ് സർവകാലം അതിൽ നിന്ന് ദേശകാലങ്ങളില്ല ഇല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പ്രതിബിംബം എങ്ങനെ പതി സൂര്യനിൽ നിന്നും വളരെ അകന്ന ഒരു ദേശത്ത് ഭൂമിയിൽ ഒരു പാത്രത്തിലിരിക്കുന്ന ജലത്തിലാണ് ആ പ്രതിബം വന്നത് അവിടെ അകന്ന ദേശമുണ്ട് ഇതെന്താണ് പരമാത്മാവിൽ നിന്നും അകന്നൊരു സ്ഥാനമില്ല ഇതില്ലാത്തൊരു സ്ഥാനമില്ല എന്നുള്ളത് അത് ആധാരമല്ലാത്ത ഒരു വസ്തുവില്ല അതിൽ നിന്നും ദൂരെ അങ്ങനെയൊന്നുമില്ല അതുദൂരെ തതു അന്തിക പറയുന്നു ദൂരം അന്തികമെന്നൊന്നും പറയാനില്ല പിന്നെ ഇങ്ങനെ അതിന്റെ പ്രതിബിംബം എവിടെ എങ്ങനെ പതിക്കും വിപ്രകൃഷ്ടേശപ്രതിബിംബ ആധാര വസ്തുവന്തരഭാവാസ് ദൂരെ ഒരു ദേശം നമ്മുടെ പ്രതിബിംബത്തിന് ആധാരമായ ഒരു വസ്തു ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഒരു ബന്ധം സൃഷ്ടിക്കർത്താവിനും സൃഷ്ടിക്കുന്നമ്മനില്ല അതുകൊണ്ട് പ്രതിബിംബവത് പ്രവേശോ നയുക്ത ആ പരമാത്മാവ് ഒരു ബിംബം പോലെ ഈ സൃഷ്ടിയിലെല്ലാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും യുക്തമല്ല ദേവം ദ്രഹി ഉന്നെയു അങ്ങനെയാണെങ്കിൽ പറയുന്നു ശരി എന്നാൽ നമുക്കങ്ങനെ സ്വീകരിക്കാം അതാണ് പ്രവേശനേ സംഭവിച്ചിട്ടില്ല അവസാനം അത് സ്വീകരിക്കേണ്ടി വരും ിൽ ശ്രുതിയുടെ താൽപര്യത്തെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണം അത് സാധ്യമല്ല പ്രതിബിംബ ബിംബ പ്രതിബിംബം വാദം പോലും സ്വീകരിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഏവൻ തർഹി നെയ്വാസ്തി പ്രവേശിച്ചിട്ടില്ല ശ്രുതി അങ്ങനെ പ്രവേശിച്ചിട്ടില്ല എന്താണ് നചഗത്യന്തരും ഉപലഭാമഹേ ഗത്യാന്തരമില്ലാത്തതുകൊണ്ട് വേറൊരു വഴിയും കാണാത്തത് കൊണ്ട് ചിന്തിച്ച് യുക്തിയുക്തമായും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിൽ ശ്രുതിയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പരമാത്മാവ് സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ടില്ല എന്ന് തന്നെ സ്വീകരിക്കേണ്ടി തദേവ അനുപ്രാവശ്യ ശ്രുതേഹേ പക്ഷെ ശ്രുതി ഉണ്ടല്ലോ നിങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് പിടികിട്ടുന്നില്ല അതുകൊണ്ട് പറയുന്നു ശരി പ്രവേശിച്ചിട്ടില്ല പക്ഷെ അവിടെ നിർത്താൻ നോക്കത്തില്ല യുക്തിയിൽ നിർത്താൻ നോക്കത്തില്ല എന്തുകൊണ്ട് തദൈവ അനുപ്രാവശ്യത്തി ശ്രുതി മുമ്പെ നിൽക്കുകയാണ് ശ്രുതിക്ക് എന്ത് സമാധാനം പറയും അല്ലെങ്കിൽ പറയണ ഞാൻ ശ്രുതി അംഗീകരിക്കുന്നില്ല വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല നാസ്തികനായി അപ്പം നാസ്തികൻ എന്ന് പറഞ്ഞാൽ അതാണ് വേദത്തെ പ്രമാണമായി സ്വീകരിക്കാത്തവൻ നാസ്തികനാണെങ്കിൽ പിന്നെ അവനോട് സംസാരിച്ചിട്ട് കാര്യമുണ്ട് അവൻ ശ്രദ്ധാലുവല്ല ശ്രദ്ധയില്ലാത്തവനോട് ആത്മാവിനെ കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു അർത്ഥമുണ്ട് കേട്ടുകൊണ്ടിരുന്ന് ഉറങ്ങും നിർബന്ധിച്ചു ഇവിടെ കൊണ്ടിരിക്കിയാൽ അധികം ഒന്നും സംഭവിക്കത്തില്ല ഒരു പ്രയോജനം ചെയ്യത്തില്ല പരമാത്മാവിന് പോലും രക്ഷിക്കാൻ കഴിയത്തില്ല അപ്പൊ സംസാരിക്കുന്നത് ശ്രുതി മുമ്പിലുണ്ട് സമാധാനം കണ്ടെത്തിയേ പറ്റും ശ്രുതി വേണ്ടെന്ന് വെച്ചാലോ ശ്രദ്ധാലുവിന് ശ്രുതി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ശ്രുതിച്ചീന്ദ്ര വിഷയ വിജ്ഞാനോത്പത്തോ നിമിത്തം എന്ന് വെച്ചാൽ അസ്മദാധീന ശ്രദ്ധാലുക്കൾക്ക് ഈശ്വരൻ ആത്മാവ് ബന്ധം മോക്ഷം ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ളവർക്ക് അവർക്ക് ശ്രുതി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അതീന്ദ്രിയ വിഷയേ വിജ്ഞാനോത്പത്തവും ശ്രുതി നിമിത്തം അതീന്ദ്രിയമായ വിഷയങ്ങളിലുള്ള വിജ്ഞാനത്തിന് ശ്രുതിയാണ് നിമിത്തമായിരിക്കുന്നത് അല്ലാതെ അതീന്ദ്രിയമായ വിഷയങ്ങളെ എങ്ങനെ അറിയും ആത്മാവ് പരമാത്മാവ് മോക്ഷം ഇത്തരം കാര്യങ്ങളെല്ലാം തനിക്ക് അതീന്ദ്രിയമായിരിക്കുകയാണ് തൻ്റെ എന്നുവെച്ചാൽ അതീന്ദ്രിയെന്നു വെച്ചാൽ ഈ വിഷയങ്ങളൊന്നും നല്ല ബുദ്ധിക്കും മനസ്സിനൊന്നും പിടികിട്ടുന്നില്ല ഇവിടെ ചിന്തിച്ചിട്ടെന്തായി യുക്തിയും അവിടെ എത്തുന്നില്ല ഇപ്പൊ ശ്രുതിയെ ശരണം പ്രാപിക്കുക ഇപ്പൊ ശ്രദ്ധാലുക്കൾക്ക് ശ്രുതിയെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വരും അതാണ് നിമിത്തം എന്തിനു വിജ്ഞാനം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അനുഭവജ്ഞാനത്തിന് സമയത്തിന് വിജ്ഞാനോത്പത്തവും നിമിത്തം ശ്രുതിയെ സ്വീകരിക്കണം ശ്രദ്ധയുള്ളവൻ ശ്രുതിയെ സ്വീകരിക്കണെ സ്വീകരിക്കും സ്വീകരിച്ചേ പറ്റും അല്ലെങ്കിൽ അവൻ നാസ്തികനാകും ഇതിനെല്ലാം പുറംതിരിഞ്ഞ് നടക്കും കാമ്പൗണ്ടിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കും ശ്രദ്ധ മുഖ്യമാണ് അവൻ ശ്രുതിക്ക് ചെവികൊടുക്കും അതാണ് നിമിത്തം അതുകൊണ്ട് ഇതെല്ലാം വേണ്ട ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാലും സാധ്യമല്ല വീടിന് ശ്രുതി അവന് ശ്രദ്ധിക്കേണ്ടി വരും എന്നുവെച്ചാൽ അസ്മാ യത്നമതാമപി വിജ്ഞാനം ഉത്പദ്യതേ പറയുന്നു അത് ശരി തന്നെയാണ് പറഞ്ഞത് മനസ്സിലായി ശ്രുതി ശ്രദ്ധിക്കണം ശ്രുതിയിൽ നിന്നോ ഇവിടെ പറഞ്ഞതുപോലെ അതീന്ദ്രിയവമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഞാനത്തെ ആർജിക്കണം പക്ഷേ ഈ ശ്രുതി എന്താണ് തത്സൃഷ്ടവാത്ത ദൈവ അനുപ്രാവശ്യ അസ്മാദ്വാക്യാ എത്ര പരിശ്രമിച്ചിട്ടും യത്നമതാമഭി എത്ര പരിശ്രമിച്ചിട്ടും ചിന്തിച്ചല്ലോ വളരെ സമയം ഈ ശ്രുതിവാക്യത്തെ അവലംബിച്ചാണ് ചിന്ത നടത്തിയത് ചിന്തിച്ചത് അതാണ് യജ്ഞാമുഖി എത്ര പരിശ്രമിച്ചിട്ടും വിജ്ഞാനം ശരിയായ അറിവ് അതുണ്ടാകുന്നില്ല യുക്തിക്കൂടി ബോധിക്കുന്ന അറിവ് അല്ലെങ്കിൽ അനുഭവത്തിന് നിരക്കുന്ന ഒരു അറിവ് ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഗത്യന്തരമില്ല അതുകൊണ്ട് ശ്രുതിയിൽ പറഞ്ഞത് അപ്പടി സ്വീകരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ പരമാത്മാവ് സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ടില്ല എന്ന ഒരു തീരുമാനത്തിന് നമുക്ക് എത്താം എന്ന് നാം പറഞ്ഞു അതുകൊണ്ട് എന്താണോ വളരെയധികം ശ്രമിച്ചു പ്രയോജനമില്ല ശ്രമിക്കുന്നവനു തന്നെ പ്രയോജനമില്ല അപ്പം ഇവന് ശ്രമിക്കാത്തവനെന്താ എന്നുവച്ചാ അസ്മാദ്വാക്യാത് യത്നവതാമു വിജ്ഞാനോത്പത്തിത അങ്ങനെയാണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ഇവിടെയൊന്നും ചുറ്റി കിറങ്ങി നടക്കാൻ അനുവദിക്കത്തില്ല ബലപ്രയോഗമാണ് ശ്രുതി ശ്രവിച്ചേ പറ്റും അങ്ങനെയാണെങ്കിൽ സ്ഥലം വിട്ടേക്കാം വേറെ ആശ്രമം നോക്കാം അന്തത്തിറഹി അനർത്ഥത അബോഹ്യം ഏതാത് വാക്യം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അനർത്ഥകമാണ് ശ്രുതി ആത്മീയം വേദം സത്സംഗം ഇതൊക്കെ മഹാശല്യങ്ങളാണ് മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാൻ സമ്മതിക്കാത്ത കാര്യങ്ങളാണ് അനർത്ഥതത്വം ഇതെല്ലാം അനർത്ഥകമാണ് അപോഹ്യം ഇതിനെ പാടെ ഉപേക്ഷിക്കുക ഏതത് വാക്യം വാക്യമൊന്നും ആശ്രമമെന്നോ ഗുരുവന്നോ എന്ത് വേണോ എടുക്കാം ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നാലും സ്വസ്ഥത പരത്തും ഇവിടെ ഇപ്പം മുഖ്യമായിരിക്കുന്ന ഈ വാക്യമാണ് തസ്സിഷ്ഠ തദൈവ അനുപ്രാവശ്യത്തിൽ ഈ വാക്യത്തെ തന്നെ ഉപേക്ഷിക്കാം ബാക്കി വേണമെങ്കിൽ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ സ്വീകരിക്കാം ആശ്രമത്തിൽ സത്സംഗം ഒഴികെയുള്ള സൗകര്യങ്ങളും ഞങ്ങൾ സ്വീകരിച്ചോളാം ഈ ഒരു സൗകര്യം മാത്രം വേണ്ട അതുപോലെ ഈ വേദത്തിലെ ഈ ഒരു വാക്യം ഒഴികെ ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം വേണ്ടി വന്നാൽ സ്വീകരിക്കാം ഇത് സ്വീകരിക്കാൻ സാധ്യമല്ല അപോഹിമേതൃം തദ്വാ അനുപ്രാവശ്യ സൃഷ്ടിച്ചിട്ട് ഇതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു ഈ വാക്യം വീഴ്ച പറ്റൂ വിധി എന്നാണെങ്കിലോ പറയുന്നു ഇവിടെ നിദ്ധാന്തം പറയുന്നു ഭാഷകാരൻ തന്റെ താല്പര്യത്തെ പറയാണ് ഇതുവരെ പറഞ്ഞല്ല നമ്മുടെ അഭിപ്രായങ്ങൾ സ്വന്തം അഭിപ്രായത്തെ പറയുന്നു ഇതിന്റെ താല്പര്യം വേറെയാണ് നിങ്ങൾ ഇതുവരെ കറങ്ങി നടന്നെടുത്തൊന്നുമല്ല ഇതിന്റെ താല്പര്യം അന്യാർത്ഥത്വർത്ഥം അസ്ഥാനേ ചർച്ച ഇത്രയും എല്ലാം അധ്വാനിച്ചിട്ടും ബുദ്ധി കൊണ്ട് പണിപ്പെട്ടിട്ടും വീണ്ടും ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇതുവരെ ചർച്ച ചെയ്യുന്നതന്നെ നമുക്ക് തീരുമാനിക്കാം എന്താണോ ഇതുപേക്ഷിച്ച പറ്റു ഈ വാക്യം ഇതിന്റെ താൽപ്പര്യം പറഞ്ഞ രീതിയിൽ ഗ്രഹിക്കാൻ സാധ്യമല്ല ഇത് വിട്ടുകളയാം ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അവസാനം ഗുരുവിനു ശേഷനും കൂടെ അടിയാവും കാരണം ഗുരു പറയുന്ന ശേഷന് ദഹിക്കുന്നില്ല ബലം പ്രയോഗിച്ച് ദഹിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഘടനത്തിൽ എത്തിച്ചത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് പറയുന്നു ഇനിയും അസ്ഥാനത്തിലുള്ള ചർച്ച എന്ന് വെച്ചാൽ യുക്തിയില്ലാത്ത ഈ ചർച്ച ഉണ്ടെന്താ പ്രയോജനം അത് അങ്ങനെ പറയാൻ കാരണം യുക്തിയുക്തമായി ചിന്തിച്ചപ്പോ ഉത്തരം കിട്ടുന്നുണ്ട് ഇനി ചർച്ച ചെയ്യണമെങ്കിൽ യുക്തി ഇല്ലാതെ ചർച്ച ചെയ്യണമെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ എന്റെ സ്വയം ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയപ്പോ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് ഈ സത്സംഗവും വേദാന്തവും ശാസ്ത്രവും ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് എന്റെ യുക്തിയിൽ ചിന്തിച്ചത് പിന്നെന്താണ് ഗുരു നിർബന്ധിക്കുന്നു ഇതെല്ലാം കൂടിയേത്തീരുന്നു കൂടിയേ തീരു അപ്പൊ യുക്തിക്ക് നിരക്കാത്ത കാര്യത്തെ ബലപൂർവമായിട്ട് അടിച്ചേർത്തിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്ത അല്ലേ എന്ന് കാര്യം ചിന്തിക്കത്തുള്ളൂ അതാണ് അസ്ഥാനത്തുള്ള ഈ ചർച്ച എന്തിനാണോ സ്ഥാനം വെച്ചാൽ യുക്തി നിരക്ക് യുക്തിരഹിതമായ ഈ ചർച്ച കൊണ്ട് എന്താണ് കാര്യം ും പറയുന്നു ഇത് കുറിച്ച് സാവകാശമായും മനസ്സിലാക്കുക പ്രകൃതോ ഹി അന്യോ വിവക്ഷിതോ അസ്യ വാക്യസ് അർത്ഥോ അസ്തി വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ സന്ദർഭത്തെ കുറിച്ച് വ്യക്തമായും മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രകൃതം സന്ദർഭം പഞ്ചകോശങ്ങളാണ് പ്രകൃതത്തെ വിസ്മരിച്ചിട്ടാണോ ഇതുവരെ ചർച്ച ചെയ്തത് ക്ലസ്ടോത്വ ദൈവം അനുപ്രാവശ്യതെന്നുള്ളത് ആ പ്രകൃതത്തെ വിസ്മരിച്ചിട്ടാണ് ചർച്ച ചെയ്തതെങ്കിൽ ഈ ചർച്ച അസംബന്ധമായി തോന്നും നിങ്ങൾ എവിടെയാണ് എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ളതിനെ വിസ്മരിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം അസംബന്ധമായി തോന്നും ശാസ്ത്രവും സസങ്കവും എല്ലാം സംബന്ധമായി ഇപ്പൊ പ്രകൃതത്തെ വിസ്മരിക്കാൻ പറതോഷ്യന്യോ വിവക്ഷിതോ ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സന്ദർഭം എന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം ശ്രുതിയുടെ വിവക്ഷ എന്താണ് അതേവന് പിടികിട്ടിട്ടില്ല ആശ്രമത്തിൽ കൂടിയിട്ട് വളരെ കാലമായെങ്കിലും എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള പിടിയില്ല അതാണ് പ്രകൃതി അന്യോ വിവക്ഷിത പറയുന്നു ഇവിടെ വിവക്ഷിതമായിരിക്കുന്നു ശ്രുതിയുടെ താല്പര്യം അത് നീ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നല്ലോ സന്ദർഭത്തെ നീ മനസ്സിലാക്കുന്നില്ല സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോ ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന അസ്യ വാക്യ അർത്ഥ അസ്ഥി ഇവിടെ വാക്യാർത്ഥമുണ്ട് ശ്രുതിക്ക് താല്പര്യമുണ്ട് എന്നാ സ്മർത്തവ്യ ആ ശ്രുതിയുടെ താത്പര്യത്തെ ഗ്രഹിച്ചിട്ട് സ്മരിക്കണം ഗ്രഹിച്ചാലേ സ്മരിക്കാൻ പറ്റും നീ അത് ഓർക്കണമെന്ന് പറഞ്ഞാൽ എന്തു ഓർക്കാൻ അറിയാത്ത അങ്ങനെ ഓർക്കണം അതേ അറിയണ്ടേ ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രുതിയുടെ എന്തിനുടെ താൽപ്പര്യത്തെ ഗ്രഹിക്കണം എന്തിനെ സ്മരിക്കണം ഇതുവരെയുള്ള ചർച്ച കൊണ്ട് നേടാത്ത കാര്യം എങ്ങനെ നേടാം അതാണ് തുടർന്നു വരുന്ന കാര്യങ്ങൾ